അവന്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ അടുക്കൽ തൻറെ കൽപ്പനപ്രകാരം മലക്കുകളെ അവൻ റോഹിനെ സഹിതം ഇറക്കുന്നു ഞാനല്ലാതെ ആരാധനക്കർഹനായി ഒരു ദൈവവുമില്ല എന്ന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക അതിനാൽ എന്നെ ഭയപ്പെടുക എന്ന്